അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അള്ളാഹുസുബഹാനുഹൂവ തായാല നാമത്തിൽ എനിക്കുറപ്പു നൽകിയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെയക്കൂ നിങ്ങളവനെ തീർച്ചയായും എന്റെ അടുക്കലെത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾ പൂർണമായും വളയപ്പെട്ടാൽ ഒഴികെ അവർ ഉറപ്പു നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യത്തിന് അള്ളാഹുസുബഹാനുഹുവ തായ ആണ് സാക്ഷി